ദേവിയുടെ പ്രസാദം ഉണ്ടായാലേ ശിവനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും രാധയുടെ കൃപയുണ്ടായാലേ കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ബുദ്ധി പ്രസാദം ഉണ്ടാവണം ബുദ്ധിർഭവാനീ പ്രതിദേഹ ഗേഹം ഈ ശരീരമാവുന്ന വീട്ടില് നമ്മളുടെ ബുദ്ധിയുടെ രൂപത്തിൽ ഭവാനി ഇരിക്കുന്നു യാദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത ആ ബുദ്ധി പ്രസന്നമായി ആശീർവദിച്ചാലേ അന്തര്യാമിയായ ആത്മതത്വം തെളിയുള്ളൂ അതാണ് ബുദ്ധിയെ ഭവാനിയായിട്ട് പറയണത് ുദ്ധി ഭക്തികൊണ്ട് ശുദ്ധമാവുമ്പോ തെളിഞ്ഞ് ആത്മതത്വം പ്രകാശിപ്പിക്കും യർ്യബ്ജനാപചരണേഷണയോരുഭക്ത ചേത്തോമലി വിധമേത് ഗുണകർമ്മജി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാദ്യ സവിതൃപ്രകാശ നല്ല തെളിഞ്ഞ കണ്ണുകൊണ്ട് സൂര്യനെ കാണാവുന്നത് പോലെ തെളിഞ്ഞ ബുദ്ധി കൊണ്ട് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് അതി അതീതമായിട്ടുള്ളതായ സ്വാത്മതത്വം ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയും അപ്പൊ ബുദ്ധി ഈശ്വര വിഭൂതിയായിട്ട് തീരുന്നു വെറും ബ്രെയിൻ അല്ല അത് അത് തന്നെ ഭഗവത് വിഭൂതിയായിട്ട് തീരുന്നു അപ്പൊ ആ ബുദ്ധിയെ ശ്രദ്ധാശക്തിയെന്നോ ചിത് ശക്തിയെന്നോ ഒക്കെ വിളിക്കാം കൃപ എന്ന് വിളിക്കാം എന്തായാലും ആ ബുദ്ധി വളരെ പ്രഭാവമുള്ളതായിട്ട് തീരുന്നു എന്ന് ബുദ്ധി ശുദ്ധമാവുമ്പോൾ മൂന്ന് തരത്തിലെ ബുദ്ധി ഉണ്ടെന്നാണ് സ്ഥൂല ബുദ്ധി സൂക്ഷ്മബുദ്ധി തീക്ഷണബുദ്ധി സ്ഥൂലബുദ്ധി എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല പറയണതൊന്നും തെളിയില്ല വളരെ സ്ഥൂലമായ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ അതാണ് ലോക സാമാന്യം ബുദ്ധി എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും വെളിയിലുള്ള വസ്തുക്കളില് വളരെ പെട്ടെന്ന് ബുദ്ധി ചെല്ലും അതിൻ്റെ വിഷയങ്ങളുമൊക്കെ ഗ്രഹിക്കും ടെക്നിക്കൽ ബ്രെയിൻ ചിലരെ കാണാം അവര് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽഡില് വളരെ അവർക്ക് എന്തോ ജന്മസിദ്ധമായ കഴിവ് പോലെയൊക്കെ അഴിച്ചിട്ട് കൊടുത്താൽ ഒക്കെ വീണ്ടും കൂട്ടിച്ചേർക്കും അതുപോലെ പല ഭാഷകള് പഠിച്ചു വയ്ക്കും ഒരുപാട് ഭാഷകൾ അറിയാം പല കാര്യങ്ങളും ഒരിക്കൽ കേട്ടാൽ മനസ്സിൽ ഇതൊക്കെ തീക്ഷണ ബുദ്ധിയാണ് തീക്ഷണബുദ്ധി അധ്യാത്മികത്തിന് സഹായമാവാം പക്ഷെ നിർബന്ധമില്ല തീക്ഷണബുദ്ധി ഇറ്റ് മേ ബി ഐ ഹെൽപ്പ് പക്ഷെ ഇറ്റ്സ് നോട്ട് കമ്പൽസറി അധ്യാത്മത്തിന് വേണ്ടത് സൂക്ഷ്മ ബുദ്ധിയാണ് സൂക്ഷ്മബുദ്ധിയോടുകൂടെ ശുദ്ധ ബുദ്ധിയാണ് അപ്പൊ നാലണ്ണമായി സ്ഥൂലബുദ്ധി സൂക്ഷ്മബുദ്ധി തീക്ഷണബുദ്ധി ശുദ്ധബുദ്ധി സൂക്ഷ്മ ബുദ്ധിയും ശുദ്ധ ബുദ്ധിയുമാണ് വേണ്ടത് സൂക്ഷ്മ ബുദ്ധി വെളിയിലുള്ള വിഷയങ്ങളെക്കാളും അവനവനിലുള്ള ചലനങ്ങളെയും അവനവനിൽ നടക്കുന്ന വിഷയങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കാൻ ശക്തി ഉള്ളതാണ് സൂക്ഷ്മ ബുദ്ധി ആ ബുദ്ധി മറ്റുള്ളവരെ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റില്ല ഇറ്റ്സ് നോട്ട് ക്ലവർനെസ്റ്റ് Intelligence but ഇന്റലിജൻസ് ബട്ട് നോട്ട് ക്ലവർനെസ് കൗശലതയോ സൂത്രപ്പണിയോ ഒന്നുമില്ല ആ ബുദ്ധിയിൽ ചില ബുദ്ധി വളരെ തീക്ഷണമായിരിക്കും പക്ഷെ എങ്ങനെയായാലും അവരെ മറ്റുള്ളവരെ പറ്റിക്കും ഏത് രീതിയിലും മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കഴിവായിരിക്കും അത് സൂക്ഷ്മബുദ്ധി ശുദ്ധബുദ്ധിയും കൂടെ ചേരുമ്പോ ആണ് ബുദ്ധിർഭവാനീ പ്രതിദേഹ ഗേഹം ആ ബുദ്ധി അന്തർമുഖമായിട്ട് തിരിയും നമ്മളെ കുറിച്ച് തന്നെ ചോദ്യം ചെയ്യും അതിനെ തന്നെ ശ്രദ്ധ എന്ന് പറയണത് നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും വിചാരം ചെയ്യുകയും ഒക്കെ ചെയ്യും ആ ബുദ്ധിയാണ് ദർഭപറിച്ച് എടുക്കുന്ന പോലെ ശരീര പഞ്ചകോശങ്ങളെയും വേർപെരിച്ചും ുള്ളിലുള്ള ആത്മതത്വത്തിനെ തെളിവാക്കി തരണത് നമ്മൾ നാമം ജപിച്ചും ഭക്തി ചെയ്തും ശരണാഗതി ചെയ്തും സത്സംഗം കൊണ്ടും സാത്വികമായ ഭക്ഷണം കഴിക്കണത് തപസ്സുകൊണ്ടും യോഗം കൊണ്ടും ഒക്കെ ഈ ബുദ്ധിയാണ് ശുദ്ധമാവുന്നത് തെളിഞ്ഞു വരുന്നത് മേധാശക്തി അതിനാണ് ഈ ബ്രഹ്മചര്യാദി യോഗസാധനകളും എല്ലാം ഈ ബുദ്ധിയെ തെളിച്ച് ശുദ്ധമാക്കാനാണ് ആ ബുദ്ധി തെളിഞ്ഞ് ശുദ്ധമായാല് തഥാപശ്യതി വസ്തുസൂക്ഷ്മുര അഞ്ജന സംപ്രയുക്തം അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ വസ്തുക്കളെയൊക്കെ ആ ബുദ്ധി കാണും അതിന് പശ്യന്തി ബുദ്ധി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതിന് ആന്തരികമായി കാണാൻ കഴിവുള്ള ബുദ്ധിയാണെന്നാണ് അപ്പോ ബുദ്ധിർഭവാനീ പ്രതി ദേഹ ഗേഹം ആ ബുദ്ധി സ്വരൂപിണിയായിട്ടുള്ള ജഗദീശ്വരിയുടെ കൃപ ഗായത്രി മന്ത്രം ജപം ചെയ്താൽ ബുദ്ധി വരും എന്നൊക്കെ ചിലപ്പോ മുത്തശ്ശിമാരാണ് മുത്തശ്ശന്മാരും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഗായത്രി ജപിച്ചാൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ് സന്ധ്യാ പൂണ ആയിക്കഴിഞ്ഞാൽ വടുവിനെടുത്ത് പറയണത് എങ്ങനെയാണ് പക്ഷെ അത് ഈ സ്കൂൾ പഠിക്കാനുള്ള ബുദ്ധിയല്ല അതും വരുവായിരിക്കും ഇത് തന്നെ വരുമെങ്കിൽ പിന്നെ അത് വരാൻ എന്താ ഗായത്രിയുടെ ജപം കൊണ്ട് ഉണ്ടാവുന്ന മേധ തന്റെ അന്തരംഗത്തിനെ ശോധനം ചെയ്യാനുള്ള ബുദ്ധിയാണ് ഋഷികൾ നമ്മൾക്ക് ഗായത്രി മന്ത്രവും വൈദിക മന്ത്രങ്ങളും ഈ വേദവും ഒക്കെ പരമ്പരയ കൊണ്ടുവന്ന് തന്നത് എപ്പോഴെങ്കിലുമൊക്കെ വാസ്തവത്തിലൊരു ബ്രാഹ്മണനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണമാണ് അല്ലാതെ നമ്മളൊന്നും ബ്രാഹ്മണർ എന്ന് പറയാൻ വയ്യ കാൻഡിഡേറ്റ്സ് ഫോർ ബ്രാഹ്മി ബ്രാഹ്മണ്യം ശരിയായ ബ്രാഹ്മണ്യം എന്താണ് ിഷണാശക്തി വളർന്ന് തന്നിലിരിക്കുന്ന ബ്രഹ്മാവലോക ധിഷണ ഉണ്ടാവണം അതിന് ദിഷണ എന്ന് ഭാഗവതം പറയണം ഭഗവാനെ അറിയാനുള്ള ദിഷണ അതിനാണ് നാമം ജപിക്കണത് ഒക്കെ ചിത്തം ശുദ്ധമാവുമ്പോ ഈ ബുദ്ധി സൂക്ഷ്മവും ശുദ്ധവും ആവുമ്പോ ബുദ്ധിർഭവാനി അവിടെ നമുക്ക് ദേവിയെ ഹൃദയത്തിൽ നമ്മളുടെ ബുദ്ധിയായിട്ട് ദർശിക്കാം ശാരദ എന്നൊക്കെ ദേവിക്ക് പേരപ്പോഴാണ് ബ്രാഹ്മി ശാരദ എന്നൊക്കെ പറയണത് ജ്ഞാനസ്വരൂപിണി ആവുമ്പോഴാണ് വൈശാരദീസാതി വിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം എന്ന് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം വൈശാരദീ ബുദ്ധി എന്നാണ് ഭഗവാൻ അതിന് പേര് കൊടുക്കുന്നത് അതിൽ നിന്നാണ് ശാരദ എന്നുള്ള പദമൊക്കെ അങ്ങനെയാണ് വരേണ്ടത് വിശാലമായ ബുദ്ധി അത് വിഭൂതിയായിട്ട് തീർന്നു അതുകൊണ്ട് തന്നെ സിദ്ധികളൊക്കെ ചിലപ്പോൾ ഉണ്ടായിപ്പോകും എന്നാൽ ചിലത് സിദ്ധികളായിട്ട് മറ്റുള്ളവർക്ക് തോന്നും ആ സിദ്ധനതൊന്നും സിദ്ധിയൊന്നും അല്ല ഈ സൂക്ഷ്മമായ ബുദ്ധിയുടെ പ്രഭാവമാണ് മാമതി മഹാമതി എന്നൊക്കെ അതിനും പറയാം അപ്പോ ബുദ്ധിർഭവാനീ പ്രതിദേഹ ഗേഹം ചിത്തം ശുദ്ധമാവുമ്പോൾ അതിനെ തന്നെ ചിത്തമെന്നും പറയണു ചിത്തം ശുദ്ധമാവുമ്പോ ഉള്ളിൽ ശിവദർശനം വാസ്തവത്തിലുള്ള വിശ്വനാഥ ദർശനം ഭഗവാന്റെ ദർശനം ഹൃദയത്തിൽ ഉണ്ടാവും സാക്ഷി ശിവ ആ ബുദ്ധിക്കും സാക്ഷിയായി യോ ബുദ്ധേഹേ പരതഹാ സഹ ഭഗവത്ഗീത ുദ്ധിക്ക് അപ്പുറം ഏതൊരുത്തനുണ്ടോ അവനാണിവൻ യോ ബുദ്ധേഹേ പരതഹ ബുദ്ധിർഭവാനി ബുദ്ധി ഒരു സ്റ്റേജ് വരെ കൊണ്ടാക്കിയിട്ട് നമുക്ക് ആത്മദർശനം സാധിച്ചിട്ട് ബുദ്ധി പിൻവാങ്ങും പോൾവാൾട്ട് സ്റ്റിക്ക് പോലെയാണ് എങ്ങനെ കണ്ടിട്ടുണ്ടോ ആ വടി കൊണ്ടുവന്നിട്ട് ചോട്ടൽ കുത്തിയിട്ട് മോളിലേക്ക് ചാടും മോളിൽ എത്തിക്കഴിഞ്ഞാൽ ആ വടി പിടിവിടണം അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിട്ടിട്ട് സൈലന്റ് യു ഹാവ് ടു ഫോളോ ഓൺ ദറ്റ് സൈഡ് വടിയുടെ പിടിവിട്ടു അതുപോലെ ബുദ്ധി ഒരു സ്റ്റേജ് വരെ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ ശരണാഗതി ബുദ്ധിശ്ച വിചേഷ്ടുദ്ധിയും ചേഷ്ടിക്കണില്ല എന്നാണ് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് പാണ്ഡിത്യം നിർവിദ്യ ബാല്യനധിഷ്ഠാസേത് ബാല്യം നിർവിദ്യ മൗനം ഗച്ഛേത് എന്നൊക്കെ പറയാം ബാല്യ പാണ്ഡിത്യത്തിനെ വിട്ടിട്ട് െ പോലെ ആയിട്ട് തീരുന്നതാണ് പിന്നെ ക്രമേണ മൗനിയായിട്ട് നിശ്ചലമായിട്ട് ശാന്തമായി ബുദ്ധിർഭവാനീ പ്രതിദേഹ ഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ അപ്പോ സാക്ഷിയായി ഹൃദയത്തിൽ ശിവൻ പ്രകാശിക്കുമ്പോ നമ്മൾക്ക് കാശി വിളങ്ങി കാശാ പ്രകാശിക്കുക എന്നർത്ഥം കാശത്തെ ഉള്ളിൽ ശിവൻ പ്രകാശിക്കുന്നു ഭഗവാൻ പ്രകാശിക്കുന്നു ഇപ്പൊ ആചാര്യസ്വാമികൾ എന്ത് പറയണമെന്ന് വെച്ചാൽ കാശിക്ഷേത്രത്തിന്റെ മഹിമയിലേക്ക് വരികയാണ് ഈ കാശിക്ഷേത്രത്തിൽ ഇരുന്നാൽ ഇതൊക്കെ എളുപ്പത്തിൽ നടക്കും കാശ്യാംഹി കാശത്തെ കാശി നമുക്ക് പുറം ലോകത്തിൽ നിന്ന് കുറച്ചൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ശരീരമായിട്ട് ലോകത്തിൽ ഇരിക്കണത് ഇവിടെ ചില എനർജി ഒരു സാത്വികമായ ഒരു ഊർജ്ജ ആവശ്യമുണ്ട് നമ്മളെ അകമയ്ക്ക് അതുകൊണ്ടാണ് തീർത്ഥ അമ്പലങ്ങൾ അതൊക്കെ വേണമെന്ന് പറയുന്നത് നമ്മൾ മനസ്സോടുകൂടെ ഇരിക്കുന്നത് കാരണം പുറമെയൊക്കെ മനസ്സുണ്ട് ഇവിടെയൊക്കെ എന്താണ് ഇവിടെ ഒരു ടി വി വെച്ചാൽ കേബിൾ ടി വി വെച്ചാൽ എല്ലാം സാധനവും അതിൻ്റെ ഉള്ളിൽ കൂടെ വരണില്ലേ അതിൻ്റെയൊക്കെ വൈബ്രേഷൻസൊക്കെ ഉണ്ട് ഈ തറൽ അതിന് പിടിച്ചെടുക്കാൻ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ചിത്തവൃത്തികളും വാസനകളും വിഷയവാസനകളും ചുറ്റും അലതല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മുറിയിൽ ഒരാൾ കുറേ ജീവിച്ചാൽ ആ മുറിയിൽ അയാളുടെ ചിത്തവൃത്തികളും വാസനകളുടെ ഒക്കെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും ഇത് ഒരു ലെവലിന് മേലെ പോയാൽ കുഴപ്പമില്ല അവരെ ബാധിക്കില്ല വളരെ ചുവട്ടിലിരിക്കുന്ന ആളുകളെയും ബാധിക്കില്ല അധ്യാത്മികമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ സെൻസിറ്റീവ് ആവും അവർക്കാണ് ഇതൊക്കെ ബാധിക്ക ബാധിച്ചു തുടങ്ങുന്നത് അവര് രണ്ടും കെട്ടാനായിട്ടുള്ള സ്ഥിതിയാണ് ആ തെണ്ണു വീട്ടും എന്നുള്ള മട്ടിലാണ് അപ്പൊ നടുവില് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് എല്ലായിടത്തും ഇരിക്കാനൊന്നും പറ്റില്ല എല്ലാ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല എല്ലാവരുടെ കൂടെ ചേരാൻ പറ്റില്ല എല്ലാ സ്ഥലവും ഒന്നും അവർക്ക് പറ്റി വരില്ല ശൃംഗേരിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അഭിനവവിദ്യാതിരുത്ത സ്വാമികളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയ ഒരാൾ ഒരു കഥ പറഞ്ഞു ഒരു വലിയ കെട്ടിടം തയ്യാറാക്കിയിരുന്നു താമസിക്കാനായിട്ട് ആ കെട്ടിടത്തില് സ്വാമി താമസിക്കാൻ വന്നപ്പോ വന്നോടനെ അദ്ദേഹം ആദ്യം ആ വീട് മുഴുവൻ ചുറ്റി അങ്ങനെ നോക്കിയിട്ട് അതിൽ ഒരു മുറി പൂട്ടി വെച്ചിരുന്നു അപ്പൊ അദ്ദേഹം ആ മുറി തുറക്കാം തുറക്കാൻ പറഞ്ഞു ആ മുറിയിൽ കുറച്ച് ആർട്ടിക്കിൾ സാധനങ്ങളൊക്കെ ഉണ്ടായിടിയോ ഞാൻ ഈ മുറിയിൽ താമസിക്കാൻ വന്നു അപ്പോ ആ വീട്ടിലെ ഓണർ ആ വീട്ടിലെ എല്ലാ സ്ഥലവും ഒഴിഞ്ഞു കിടന്നതാണ് എന്നാൽ അദ്ദേഹം സെലക്ട് ചെയ്തത് ഈ മുറിയാണ് ഈ മുറി പൂട്ടിക്കിടന്നതാണ് അപ്പോ ആ വീട്ടിലെ ഓണർ പറഞ്ഞു ഇവിടെ മാതിരി ഒരു ഒരു ചെറുപ്പക്കാരൻ ഈ മുറിയിൽ താമസിക്കുന്നുണ്ട് അയാൾ ഇവിടെ ഒരു ഗവൺമെന്റ് ഓഫീസില് ജോലിയാണ് അയാൾ ഇപ്പൊ സ്വാമികൾ ഇവിടെ വരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറി താമസിച്ചതാണ് അതുകൊണ്ട് അയാളുടെ ആർട്ടിക്കിൾസൊക്കെ ഈ മുറിയിലുണ്ട് അയാൾ ബ്രാഹ്മണനല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സ്വാമി പറഞ്ഞു കുഴപ്പമില്ല അയാളെ വിളിക്കൂന്നൊന്നു അപ്പൊ അയാളെ വിളിച്ച് നീ എന്തെങ്കിലുമൊക്കെ അധ്യാത്മ സാധന എന്തെങ്കിലും ചെയ്യണുണ്ടോ എന്ന് ചോദിച്ചോ അയാൾ പറഞ്ഞു ഞാൻ ഒന്നും വേറെ പ്രത്യേകിച്ച് രാവിലെ എണീറ്റിട്ട് ഒരു രണ്ടു മണിക്കൂർ നേരം നാമജപം ചെയ്യും അത് ദിവസം ഒരു നിഷ്ഠയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കും ഈ മുറിയിൽ വന്നിരിക്കാൻ തോന്നിയത് ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാന്ന് പറഞ്ഞാൽ ആ റൂമ് ക്ലീൻ ചെയ്തിട്ട് അവിടെയാണ് അദ്ദേഹം പോണവരെ താമസിച്ചത് ബാഹ്യമായി സാന്നിധ്യം നമുക്ക് വളരെ പ്രധാനമാണ് ഒരു സ്റ്റേജിൽ എത്തുന്നവരെ പ്രധാനമാണ് ഉയർന്ന ജ്ഞാനികൾ പോലും അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നതും എല്ലായിടത്തും ഒന്നും അവരും പോയി ഇരിക്കണില്ല പിന്നെ ജ്ഞാനികളായി തപസ്വികളായിട്ടുള്ളവര് ഇരുന്നു കഴിയുന്ന സ്ഥലങ്ങൾ പലപ്പോഴും പ്രബലമായ തീർത്ഥക്ഷേത്രങ്ങളായിട്ട് മാറുകയും ചെയ്യും അപ്പോ പുറമേക്ക് അല്പം തീർത്ഥീകൃതമായ പവിത്രമായ ശാന്തമായ ഭക്തിയുടെ ഒരു അന്തരീക്ഷം സംസ്കാരത്തിൻ്റെ ഒരു അന്തരീക്ഷം കാശ്യാംഹി കാശത്തെ കാശി അതുകൊണ്ട് വെളിയിലുള്ള കാശിയിൽ പോയിരിക്കുമ്പോ ഉള്ളിൽ കാശിയെ പ്രകാശിക്കണമെന്ന് അരുണാചലത്തില് വരുമ്പോ പല ഭക്തന്മാർക്ക് അതാണ് ഇവിടെ തന്നെ ഇരുന്നു കളെ അവിടെ പോണ്ട ചിലക്കെ അങ്ങനെ വെസ്റ്റ് അമേരിക്കന്നൊക്കെ വന്നവരൊക്കെ ചിലര് അവിടെ വന്നു കഴിഞ്ഞിട്ട് പാസ്പോർട്ടും വിസയും ഒക്കെ തീവെച്ച് നശിപ്പിച്ചവരുണ്ട് ഇനി പോയ തിരിച്ചു പോകണമെന്ന് തോന്നാൻ വളരെ അന്നുണ്ട് അവർക്ക് പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഗവൺമെന്റ് ഒക്കെ എന്നാലും അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട് എനിക്കറിയുന്നത് പലരും പറയും ഞങ്ങളുടെ രാജ്യത്തിൽ ഒരാ ഒരാളെ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തിൽ ഇത്രയൊന്നും തിരക്കില്ല ഇത്രയൊന്നും ധാരാളം തരിശു ഭൂമികളും കാടുകളും ഉള്ള രാജ്യമാണ് പക്ഷേ എന്നാലും അവിടെ പോയിട്ട് എനിക്ക് ഇതുപോലെ ധ്യാനിച്ചുകൊണ്ടും ഇതുപോലെ അധ്യാത്മ സാധന ചെയ്തുകൊണ്ടും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അന്തരീക്ഷം മാറും എന്തു ചെയ്യാൻ പറ്റും ഇതൊന്നും പക്ഷെ എല്ലാരോടും പറയാൻ പറ്റില്ല ഇവിടുന്ന് പ്രാരബം കൊണ്ട് അവിടെ പോയി വീണവനോട് എല്ലാ എവിടെയിരുന്നും ഭഗവത് ധ്യാനം ചെയ്യാം എവിടെയിരുന്നും ആത്മവിചാരം ചെയ്യാം എന്നെ പറയാൻ പാടുള്ളൂ അത് സാധ്യവുമാണ് സത്യവുമാണ് കുറച്ച് വിൽപ്പവർ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരലും കായ്ക്കുന്നവരണ പോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാരബം കൊണ്ട് നമ്മൾ എവിടെ പോയി വീണ് കിടക്കുകയാണെങ്കിലും അവിടെയും ഇറ്റ് ഇസ് പോസിബിൾ ടു സ്പിരിച്വലി പ്രോഗ്രസ് അവിടെയും തീർത്ഥ ക്ഷേത്രങ്ങൾ അവിടെയും നമ്മളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നാക്കാം എവിടെയും ഉണ്ടാവും തീർത്ഥക്ഷേത്രങ്ങളും മഹാത്മാക്കളും ഇല്ലാത്ത സ്ഥലമില്ല എന്നാണ് വാൽമീകി രാമായണത്തിൽ രാമൻ പറഞ്ഞ സർവത്ര ഖലു സാധവോ ധർമ്മചാരിണ ശൂരാ ശരണ്യ സൗമിത്രേ തിര്യഗ്യോനികത്തെ പക്ഷിമൃഗാദികളിൽ പോലും ജ്ഞാനികളും ഭക്തന്മാരും കണ്ടേക്കാം എന്നാണ് അതുകൊണ്ട് എവിടെയും ഉണ്ടാവാം അധികമായിട്ടും നമ്മൾ സ്ഥലകാലങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യാറില്ല ആളുകൾക്ക് പക്വതയാണ് മുഖ്യം അധികാരിണമാശാസ്തേ ഫലസി വിശേഷത ഉപായകാലാദ്ധ്യാഹ സന്തി അസ്മിൻ സഹകാരിണ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ഇന്ന ദേശത്തിൽ ഇരിക്കുക ഇന്ന സമയത്തിൽ ജനിക്കുക എന്നുള്ളതൊക്കെ സഹകാരി കാരണങ്ങളാണ് പക്ഷെ അത് മുഖ്യമല്ല അധികാരിയാണോ ഒരാൾ എന്നുള്ളതാണ് മുഖ്യം വെതർ ഈസ് റൈറ്റ് ഫോർ നോട്ട് അല്ലെങ്കിൽ കാശിയിലിരിക്കുന്നവരൊക്കെ ജ്ഞാനുകളും ഭക്തന്മാരും ആവണമല്ലോ അവിടെ മുഴുവൻ വ്യാപാരികളും തട്ടിപ്പറിയുമൊക്കെ ആയിട്ട് നടക്കാൻ കാരണം എന്താ അങ്ങനെയുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഈ തീർത്ഥക്ഷേത്രത്തിന്റെ സാന്നിധ്യം കാരണം അവരുടെ അത്തരം വാസനകളൊക്കെ കൂടുതൽ പ്രബലമായി പ്രവർത്തിക്കും അതും കണ്ടിട്ടുണ്ട് തിരുവണ്ണാമലെ അരുണാചലത്തില് ഒരു വശത്ത് വരുമ്പോൾ വേറെ ഒരു വശത്ത് അവിടെയുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവും കാരണം അവരുടെ ഉള്ളിൽ അതേപോലെ ഭ്രാന്തുള്ള ആളുകളാണെങ്കിൽ ഇത്തിരി അതിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് അവിടെ വരുമ്പോൾ കൂടും ആ സ്ഥലത്തിൽത്തെ എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ അങ്ങനെയാണ് എന്താ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഒക്കെ പുറത്തു കൊണ്ടുവരും എന്തെങ്കിലുമൊക്കെ വാസനകളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരും അപ്പൊ തീർത്ഥക്ഷേത്രങ്ങൾ നല്ലതേ ചെയ്യുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല മഹാത്മാക്കളുടെ സാന്നിധ്യം അങ്ങനെയാണ് അവരെ അടുത്തിരിക്കുമ്പോൾ ഇവയാളുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു ചേർന്നു അപ്പൊ കാശിയിൽ ഇരുന്നാൽ അകമേക്കുള്ള കാശി പ്രകാശിക്കാൻ അനുകൂല സാഹചര്യം സന്ധ്യസ്മിൻ സഹകാരിണാ സഹകാരിക സഹകാരിയാണെന്നാണ് ഇറ്റ് വിൽ ഹെൽപ്പ് ഹെൽപ്ഫുൾ അപ്പോ അത് കാശ്യാം ഹി കാശത്തെ കാശീം കാശീ സർവപ്രകാശ അതുകൊണ്ടാണ് ഋഷികളൊക്കെ കാട്ടിലൊക്കെ പോയി താമസിച്ചു തീർത്ഥ ക്ഷേത്രങ്ങളിലൊന്നും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചത് ഋഷികേഷക്കെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആനമണ്ഡത്തരം നമ്മൾ മാത്രമല്ല ആശ്രമങ്ങളും വലിയ വലിയ മഠങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് ആളുകൾ വരണം സൗകര്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് നല്ല മുറികളും ശാപ്പാടും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആ മഠമോ ആ ആശ്രമമോ നശിച്ച് ഒന്നിനും കൊള്ളാതായി പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ പിന്നെ പരമലൗകികന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്ന് താമസിക്കും അവർക്ക് ഇത് രണ്ടുമാണ് വേണ്ടത് ആഹാരം വേണം താമസ സൗകര്യമൊക്കെ വേണം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ കഴിഞ്ഞു അധ്യാത്മികമായിട്ട് മാത്രം കൊതിയുള്ളവർ എത്ര ബുദ്ധിമുട്ടിയിട്ടും ആ സ്ഥലത്ത് വന്ന് ഇരുന്നു പിന്നെ എന്താന്ന് വെച്ചാൽ ഒരിടത്ത് ലൗകികന്മാർ വന്ന് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധ്യാത്മ സാധകന്മാരെ അങ്ങടേക്ക് എത്തി നോക്കുകയേ ഇല്ല അത് വേറെ ഒരു നെഗറ്റീവ് ആണ് പല മഠാധിപതികൾക്കൊക്കെ പറ്റണോ കുഴപ്പം അതാണ് അവരുടെ ചുറ്റും പരമലൗകികന്മാരും വ്യാപാരികളും പണക്കാരും ആയിട്ടുള്ള ആളുകൾ ആണ് അവർക്ക് വേണ്ടതെന്ന് വരുമ്പോ അധ്യാത്മ സാധകന്മാർക്ക് ഏഴയലത്തെ അടുക്കാൻ പറ്റില്ല അടുത്ത് പോകൂല്ല ആരും പോകൂല്ല ഒന്നുമില്ല അപ്പോ ബാഹ്യമായിട്ട് തീർത്ഥക്ഷേത്രങ്ങൾ പ്രസിദ്ധമാവുക എന്ന് പറയുന്നത് ഒരു നന്മയല്ല തീർത്ഥക്ഷേത്രങ്ങൾ മുനികൾക്കും ഭക്തന്മാർക്കും ഭജനം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഗുരുവായൂരിൽ പണ്ട് പോയിട്ട് ആർക്ക് വേണമെങ്കിൽ സുഖമായി എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്ന് ഭജനം ചെയ്യാം മണ്ഡപത്തിൽ ഇരുന്ന് ഭജിക്കാൻ നാമ ഇപ്പൊ അങ്ങനെയൊക്കെ അകത്ത് കിടക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇരുന്ന് ഭജിക്കാൻ ഇപ്പൊ സമ്മതിക്കുവോ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല തിരക്ക് കൂടി അല്ലേ ഇപ്പൊ തിരുവണ്ണാമലങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പൗർണമി പൗർണമി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ തിരക്കാണ് അത് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് ദിവസം തിരക്കായി കഴിഞ്ഞാ പിന്നെ ആർക്കും പോകണം എന്താ ഉത്തമ ജിജ്ഞാസുക്കൾ പിന്നെ പോയില്ല ഇതിപ്പോ പൗർണമി പൗർണമി തിരക്കായതുകൊണ്ട് ബാക്കിയുള്ള ദിവസം പോവാൻ പാടില്ല എന്ന ആളുകൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോ കാശ്യംഹി കാശതേ കാശി കാശിക്ഷേത്രത്തിൽ അകമേ ഉള്ള കാശി പ്രകാശിക്കുന്നു ആ അകമേക്കുള്ള കാശി ആരാൾ അറിയപ്പെട്ടുവോ സാ കാശി വിധിതായേന് തേനപ്രാപ്ത കാശിക അയാളാണ് വാസ്തവത്തിൽ കാശിക്ക് പോകുന്നവൻ കാശിക്ക് പോയവൻ അഥവാ ആത്മ ആത്മജ്ഞാനിയാണ് കാശീവാസം ചെയ്യുന്നവൻ അയാൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാശിക്ഷേത്രമാണ് അയാൾ ജംഗമമായ തീർത്ഥക്ഷേത്രമാണ് അതാണ് ഭാഗവതത്തിൽ വിദുരനോട് ധർമ്മപുത്ര പറയുന്നത് അങ്ങക്കെന്തിനാ തീർത്ഥയാത്ര തീർത്ഥീകുറുവന്തി തീർത്ഥാനീ സ്വാന്തസ്തേന ഗതാഭൃതാണ് തീർത്ഥങ്ങളെയൊക്കെ തീർത്ഥമാക്കി ചെയ്യുന്നവനല്ലേ എവിടുന്ന് അവിടുത്തെ അന്തരംഗം കൊണ്ട് ശൃംഗേരിയിലെ ഒരു രണ്ട് മൂന്ന് ശങ്കരാചാര്യന്മാർക്ക് മുമ്പ് ഒരു മഹാതപസ്വി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉഗ്രനരസിംഹാരതി സ്വാമികൾ എന്നാണ് പേര് ഉഗ്രമായിയെ തപസ്സൊക്കെ ചെയ്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉഗ്രനരസിംഹാരതി എന്ന് തന്നെ വിളിച്ചിരുന്നു പാവക്ക സ്വാമി എന്നൊക്കെ പറയും ചിലർ എന്താന്ന് വെച്ചാൽ പാവക്കായ കപ്പക്ക ജ്യൂസ് മാത്രമേ കഴിക്കുള്ളൂ ഒരുപാട് എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു പലയിടത്തും അദ്ദേഹം മധുരയിൽ വന്നപ്പോ അല്ലെ മധുരയിൽ വന്നപ്പോ അമ്പലത്തിലെ പൂജാരികളുടെ ഭയങ്കരമായ കൺട്രോൾ അപ്പോ സ്വാമികളെ അകത്ത് ശ്രീകോവിലെ ചെന്ന് പൂജിക്കാൻ പോലും അവർ പല റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചപ്പോ സ്വാമി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു നാളികേരം വെച്ചിട്ട് ആ നാളികേരത്തിലേക്ക് മീനാക്ഷി ആവാഹനം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ എടുത്തോണ്ട് പോവാണ് ശൃങ്കരിക്കുന്നു ഇനി ഇവിടെ ആരും വരില്ല ഭയന്നുപോയി അവര് രാമേശ്വരത്ത് ചെന്നപ്പോ അതുപോലെ ആ തീർത്ഥം കുളിക്കുമല്ലോ അതില് പണമൊക്കെ വെച്ചിട്ട് ആളുകൾക്ക് പണം വാങ്ങിച്ചിട്ട് അകത്ത് കിടത്തുക എന്നുള്ള സ്വാമി വേറെ അടുത്തുള്ള ഒരു തടാകത്തില് ആ തീർത്ഥത്തിനെ ആവാഹനം ചെയ്ത് അദ്ദേഹം അതിൽ ഇറങ്ങി കുളിച്ചിട്ട് പറഞ്ഞു ഇനി ഈ തീർത്ഥത്തിലാണ് അതുള്ളത് നിങ്ങളൊക്കെ ഇവിടെ വന്ന് കുളിച്ചാൽ മതി അതോടുകൂടെ അവർക്ക് പണം കിട്ടി പോയി പോവും ആയപ്പോ ശരിയായി മഹാപുരുഷന്മാരുടെ സാന്നിധ്യവും ജ്ഞാനവുമാണ് തീർത്ഥക്ഷേത്രങ്ങളെ തീർത്ഥക്ഷേത്രങ്ങളാക്കുന്നത് അവർക്ക് സ്വയം അവര് ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് പവിത്രം ചെയ്യുന്നു ആ തീർത്ഥക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടിയാ നമുക്കും ഭഗവത് സാക്ഷാത്കാരവും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഭൗതിക പുരോഗതിക്ക് വേണ്ടിയാണെന്ന് ധരിച്ചു പോകുമ്പോൾ സാധാരണ ജനങ്ങൾ കൂടുകയും സാധാരണ ജനങ്ങൾ കൂടുമ്പോ ഗവൺമെന്റിന് അതിൽ കണ്ണുവരും രാഷ്ട്രീയക്കാർക്ക് കണ്ണുവരും അങ്ങനെയാണ് നമ്മളുടെ അമ്പലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അപ്പം അകമേക്കുള്ള കാശി ആരാൾ അറിയപ്പെട്ടുവോ അവരാണ് പുറമേക്കുള്ള കാശിയെ അറിഞ്ഞവര് അഥവാ അവരെവിടെയിരിക്കുന്നു അത് കാശിക്ഷേത്രമാണെന്ന് അവര് നടമാടുന്ന കാശിയാണ് ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം വള്ളർ പിരാണാർക്ക് വായ് ഗോപുരവാസൽ ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ കാലാമണിവിളക്കെ തിരുമൂലർ പാടി ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായു ഗോപുരവാസം തെള്ളത്തെ ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ കാലാമണിവിളക്ക് ഹൃദയം ശ്രീകോവിലാണ് ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം ഈ ശരീരം അന്നമയമായ ഈ ശരീരം തന്നെ കോവിലാണ് വള്ളർപ്പിരാണാർ എന്ന് വെച്ചാൽ ഈശ്വരൻ ആ ഭഗവാന് വായുഗോപുരവാശൽ ഈ വായു ഗോപുരവാതിലാണെന്നാണ് വായ് ഗോപുരവാശൽ തെള്ളത്തെളിന്താർക്ക് ചിത്തം നല്ലവണ്ണം ശുദ്ധമായവർക്ക് ജീവൻ ശിവലിംഗം ഉള്ളിലുള്ള ജീവൻ തന്നെ പരമേശ്വര സ്വരൂപം കള്ളപ്പുളൻ അഞ്ച് ഇന്ദ്രിയങ്ങളും ഐന്ത് കാലാമണി വിളക്ക് അഞ്ചുകാൽ വിളക്കുകളാണ് ക്കുന്ന അഞ്ച് വിളക്ക് കാൽ വിളക്ക് പോലെ അന്തര്യാമിയായ ഈശ്വരന് മുമ്പിൽ ജ്വലിക്കുന്ന അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ച് വിളക്കുകളാണ് ഇതൊക്കെ എപ്പോ സത്യമാവും ഉള്ളിലെ അന്തര്യാമിയായ സ്വാമിയെ അഥവാ ഭഗവാനെ ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ ജംഗമതീർത്ഥമായിട്ട് തീരും അയാളുടെ ഉള്ളില് അല്പം എന്തെങ്കിലുമൊക്കെ പോയാൽ മതി അത് തന്നെ നിവേദ്യമായിട്ട് തീർന്നു രമണഭഗവാന്റെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു തിരുവണ്ണാമല സത്രമുണ്ട് ഇന്ന് സത്രമുണ്ട് അവിടെ പക്ഷേ ഇന്നിപ്പോ എല്ലായിടത്തും ഭക്ഷണം കിട്ടുന്നുണ്ട് അന്ന് നോക്കെ ആ സത്രത്തിൽ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ വരുന്ന യാത്രികന്മാർക്ക് അവിടെ ഭക്ഷണം കിട്ടും അവിടെ കിടന്നുറങ്ങാം അപ്പോ ഭക്ഷണം കൊടുക്കും അപ്പൊ അത് കണ്ടിട്ട് മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ക്രിസ്ത്യൻ മതത്തിലും മറ്റുമൊക്കെ അവര് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു ആസ്പത്രികൾ കെട്ടുന്നു സ്കൂള് കെട്ടുന്നു അന്നൊന്നും ഹിന്ദുമതത്തിൽ തോന്നൂല്ല അപ്പോ നമ്മളിങ്ങനെ ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണം മാത്രം കൊടുക്കുമ്പോ ഈ പല ആളുകൾ ഇവിടെ വന്ന് സുഖമായി ഊണും കഴിച്ച് കടന്നുറങ്ങുമെന്നല്ലാതെ അവരൊന്നും ചെയ്യില്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ കുറെ മടിയന്മാര് ഉണ്ടാക്കുക അല്ലേ എന്ന ഒരു സംശയം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അത് ഋഷികളാ രണ്ട വെച്ച ഒരു സമ്പ്രദായം അത് നീ നെനക്കറ മാറി ഇല്ലേ എപ്പോ യാറാവ് ഒരു സിദ്ധ പുരുഷാൽ ഇന്ന് വരുവാ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു സിദ്ധന്മാർ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുമ്പോ അവർ വിശന്നുകൊണ്ട് വരുമ്പോ അവരുടെ കുക്ഷിയിലേക്ക് അല്പം അന്നം ഈ സത്രത്തിൽ നിന്ന് പ്രയോജനപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടുത്തെ വൈശ്വാനത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സത്കാര്യങ്ങളൊക്കെ താനേ നടന്നുകൊള്ളും എന്നാണ് എല്ലാം നടന്നുകൊള്ളുന്നു അവരുടെ ഹൃദയത്തില് ഇരിക്കുന്ന ഭഗവാൻ പ്രസന്നനായാൽ അവരെ പ്രീതിപ്പെടുത്തിയാൽ ഒക്കെ താനേ നടന്നുകൊള്ളും ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥൂലമൊന്നുമല്ല എന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാര് തന്നെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് റീസന്റ് കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു റാഷണൽ ായിരിക്കണം എന്ന് പറഞ്ഞു ഒരു ഒരു കാലം മുമ്പ് വരെ യുക്തി ചിന്തയുടെ കാലമായിരുന്നു ഇപ്പൊ ആളുകൾക്ക് യുക്തി ചിന്തയ്ക്ക് അപ്പുറമുള്ള പല മണ്ഡലങ്ങളും കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മള് പലതും യുക്തിക്ക് അപ്പുറമാണ് നല്ലതെന്ന് വിചാരിക്കുന്നതെല്ലാം നല്ലതല്ല അതുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് മഹാത്മാക്കളാണ് പ്രമാണം മഹതനുഗമലഭ്യമായിരിക്കണം നമ്മളുടെ മാർഗങ്ങളെല്ലാം അപ്പോ അവരുടെ വയറ്റിൽ ഒരു കുക്ഷിയിൽ അല്പം പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളൂ എന്ന് വെച്ചാൽ എന്താ അവർ തന്നെ വിശ്വമേ സ്വരൂപമായിട്ടാണ് നടക്കണതേ ഏകനാഥ് സ്വാമിയുടെ കഥയില് ഒരു കഥ ഒരു സ്ത്രീ ആയിരം ബ്രാഹ്മണർക്ക് സഹസ്രഭോജനം നടത്താമെന്ന് നേർന്നു അവർക്ക് പാവം അതിനുള്ള വകയില്ല അപ്പൊ കാര്യം നടന്നപ്പോ വളരെ വിഷമിച്ചു ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വഴിയില്ലല്ലോ എന്ന് വിഷമിച്ചപ്പോ സ്വപ്നത്തില് ഭഗവാൻ പറഞ്ഞു അത്രേ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് ഏകനാഥന് ഒരാൾക്ക് അപ്പൊ ഏകനാഥന്റെ മകൻ ഹരി അയാൾക്ക് ഇതിലൊന്നും അത്രയൊന്നും വിശ്വാസമല്ല ഹരി വലിയ പണ്ഡിതനായിരുന്നു കാശിയിൽ പോയി വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് വന്ന ആളാണ് ആചാര അനുഷ്ഠാനത്തോടെ ഇരിക്കുന്ന ആളാണ് അച്ഛന്റെ ഭാഗവത ധർമ്മത്തിലും അച്ഛൻ്റെ ആ അച്ഛൻ ഇരിക്കുന്ന സ്റ്റേറ്റ് അദ്ദേഹത്തിന് പിടി കിട്ടിയിട്ടില്ല അദ്ദേഹം അച്ഛനെ ഒരു സമയത്തിന് ശേഷം വല്ലാതെ നിയന്ത്രിക്കാൻ തുടങ്ങി ഏകനാഥസ്വാമിയെ എല്ലായിടത്തും ഒന്നും പോകാൻ പാടില്ല മറ്റുള്ളവർ പാചകം ചെയ്തത് ഭക്ഷണം കഴിക്കാൻ പടല എന്നൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തിയിരുന്നു സ്വാമി അതുകൊണ്ട് ഹരി പണ്ഡിറ്റിന് ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛന്റെ മഹിമ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസിഡൻറ്റു ആയിരുന്നു അത്രേത് അപ്പോ ഈ സ്ത്രീയുടെ വീട്ടിലെ ഏകനാഥ് സ്വാമി പറഞ്ഞു ഞാൻ വരാം ഏറ്റു അപ്പോ ഹരി പറഞ്ഞു അച്ഛൻ അവിടെ വന്ന് നിങ്ങൾ പാചകം ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് അവിടെ വന്ന് പാചകം ചെയ്ത് അച്ഛന് വേണ്ടതൊക്കെ ഏർപ്പാടാക്കാം അതിന് നിങ്ങൾ സമ്മതിക്കാണെങ്കിലേ അച്ഛൻ വരവുള്ളൂ അങ്ങനെ ആവട്ടെ പറഞ്ഞു അവരുടെ അടുക്കളയൊക്കെ ശുദ്ധം ചെയ്ത് ചാണകിട്ടും വെഴുകി വൃത്തിയാക്കി ഹരി ഹരിയുടെ പത്നിയും കൂടെ അവിടെ ചെന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഏകനാഥസ്വാമിക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തിട്ട് ഇലയും വേറെ ആരും എടുക്കാൻ പാടില്ല മകൻ അച്ഛനോട് ഭക്തി അച്ഛനാണെന്നുള്ള ഭക്തി ഒക്കെ ഉണ്ട് ഹരി തന്നെയാണ് ഇല എടുക്കുന്നത് അപ്പൊ ഹരി പണ്ഡിറ്റ് ഏകനാഥസ്വാമി ഊണ് കഴിച്ചിട്ട് എച്ചില എടുക്കുമ്പോ ഓരോ ഇല എടുത്തു കഴിഞ്ഞാൽ അടിയിലൊരു ഇല ഉണ്ടാവും അങ്ങനെ ആയിരം ഇല എടുക്കേണ്ടി വന്നു എന്നാണ് കഥ വാസ്തവമാണോ അല്ലയോ എന്നറിയില്ല എന്തായാലും അങ്ങനെ നടന്നുകൂടായികയില്ല എന്നാ എന്ത് ഏതോ വിധത്തിൽ ആ ഒരു മഹിമ വെളിവ വെളിവാക്കിയതാണെന്നാണ് അതിനുശേഷം ഏകനാഥനോട് അപാര ഭക്തിയായിരുന്നു ഹരിപണ്ഡിറ്റന് എന്നാണ് ഏകനാഥ് സ്വാമിയുടെ ചരിത്രം അപ്പോ ഈ കഥയുടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ അവർ ജംഗമതീർത്ഥങ്ങളാണ് സ്വയം സത്യദർശികളായ ജ്ഞാനികൾ പലരുടെയും ഈ തമിഴ്നാട്ടിലെ ശ്രീധര അയ്യാവാൾ എന്ന് പറഞ്ഞൊരു പരമഭക്തനുണ്ടായിരുന്നു ശിവഭക്തനായ ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അനറ്റിൽ ഗംഗ ആവിർഭവിച്ചു എന്നൊരു കഥയുണ്ട് വർഷ എല്ലാ വർഷവും അതൊരു പ്രത്യേക ഉത്സവമായിട്ട് ഇന്നും മഠത്തിൽ നടക്കുന്നുണ്ട് ഗംഗാവിർഭാവം ആ കിണറ്റിൽ ഗംഗ ആവിർഭവിച്ചു എന്ന് അതേപോലെ മഹാ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു നാഗമഹാശൈ ദുർഗാചരൺ നാഗ് ഈ നാഗമഹാശൈ രാമകൃഷ്ണദേവൻ എങ്ങനെ ജീവിച്ചു അതേപോലെ ജീവിച്ചു ഗുരുവിനെ കടത്തി ഒരു ശിഷ്യൻ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയും എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആദ്യ അച്ഛൻ വിവാഹം കഴിച്ചു ഭാര്യയെ തൊട്ടില്ല ഭാര്യ കൂടെ ഉണ്ടായിരുന്നു സ്പർശിച്ചില്ല ഡോക്ടറായിരുന്നു ഹോമിയോപ്പത്തി ഡോക്ടറായിരുന്നു ഒരിക്കലെന്തോ ശ്രീരാമകൃഷ്ണ പരമവംശർ പറഞ്ഞു ഈ മരുന്നും വിറ്റുകൊണ്ട് ആളുകളുടെ രോഗവും നോക്കിക്കൊണ്ടും ഒക്കെ നടക്കുന്ന ആൾക്ക് ശരീരത്തിന്ന് മനസ്സെങ്ങനെ വിട്ടുപോകും എന്ന് ചോദിച്ചു അത്രേ അതോടുകൂടെ ആ മരുന്ന് പെട്ടിയൊക്കെ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ആ കുടില് ഏഹ് ചോർന്നു വേറെ ആരും തനിക്ക് വേണ്ടി പണിയെടുക്കാൻ വരാൻ പാടില്ല ആരെങ്കിലും ഒക്കെ പണിക്കാരെ ആ ഭാര്യ വിളിച്ചുകൊണ്ടൊന്നും കുടിലെ ഇയാളില്ലാത്ത സമയത്ത് കയറ്റിയാൽ പോലും കരഞ്ഞുകൊണ്ട് നിങ്ങൾ നാരായണനാണ് എനിക്ക് സേവ ചെയ്യരുത് ഇറങ്ങുമെന്നും ആ കുടിലൊക്കെ ചോർന്നു വലിക്കാം ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാം അദ്ദേഹത്തിന് എല്ലാരെയും വിശ്വസിക്കും ആര് പറ്റിച്ചാലും പറ്റിക്കപ്പെടും തൂക്കാറാമന്റെ ഒക്കെ എക്സ്പാൻഡ് ഫോമാണ് അദ്ദേഹം എല്ലാവരുടെയും കഥയൊന്നും വെളിയിൽ വരില്ലല്ലോ വിവേകാനന്ദ സ്വാമികൾ പറയും ഇപ്പൊ വെസ്റ്റ് ബംഗാളോ ഈസ്റ്റ് ബംഗാളോ നമ്മളിപ്പോ ബംഗാൾ പറയണത് വെസ്റ്റ് ബംഗാൾ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലാണ് വിവേകാനന്ദ സ്വാമി പറയും ഈസ്റ്റ് ബംഗാൾ മുഴുവൻ പവിത്രമായി എന്നാണ് അദ്ദേഹത്തിന് ജന്മവും കൊണ്ട് അത്ര വലിയൊരു മഹാപുരുഷൻ അദ്ദേഹത്തിന് ഭാര്യയെ സ്പർശിക്കുകയെ ചെയ്തില്ല എന്ന് കണ്ടപ്പോ അച്ഛൻ നിർബന്ധിച്ച് രണ്ടാമതും കല്യാണം കഴിച്ചു വെച്ചു അദ്ദേഹത്തിനോട് തന്നെ വിവാഹം തീരുമാനിച്ച് പുടവ കൊടുക്കൽ പോലെ ഇടത്ത് എന്തോ കർമ്മം നടന്നു രണ്ടാമ കല്യാണം കഴിച്ചിട്ടും അദ്ദേഹം ഒന്നും ചലച്ചില്ല യാതൊരു വിധത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാശി അങ്ങനെ ഒരു പരമാംശ സ്ഥിതി അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇത് ധർമ്മമാണോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ആ മഹാത്മാക്കളുടെ കാര്യത്തിൽ അതിനൊന്നും പ്രസക്തിയില്ല ധർമ്മ അധർമ്മ ചിന്തയൊന്നും അവിടെ ഒന്നും നിൽക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ദുർഗാചരണ ാകും ദുർഗാചരണാകും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലും ചില അതിഥികളൊക്കെ രാത്രി നല്ല മഴ മഴയത്ത് വീട്ടില് ചെന്നപ്പോ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം വിറകില്ല വീട്ടിന് തുണു തൂണ് വെട്ടി നിൽക്കുന്ന തൂണൊന്ന് വെട്ടിയെടുത്തിട്ട് വിറകായിട്ടിട്ടിട്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തു അത്രയും ലാസ്റ്റ് ഡേയ്സില് രാമകൃഷ്ണദേവന് സുഖമില്ലാതെ കിടക്കുമ്പോ അദ്ദേഹം പറയും ആ ക്യാൻസർ മുഴുവൻ ഞാൻ ആവാഹിച്ചെടുക്കാൻ എന്റെ മേലെ എന്നാ രാമകൃഷ്ണദേവൻ പറഞ്ഞ ഒന്നും വേണ്ട നീ വിചാരിച്ചാ നടക്കും പക്ഷെ അതും ചെയ്യരുതെന്ന് ആ ദുർഗാചരൺ ആച്ഛൻ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിനെ എന്നാൽ അച്ഛനെ ഒക്കെ സേവ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അച്ഛൻ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എന്തോ ഒരു പ്രത്യേക വിശേഷ ദിവസം ഗംഗാ സംഗമത്തിൽ പോയി ഗംഗയിൽ പോയി കുളിക്കണം അപ്പൊ അച്ഛനൊന്നും പോവാനൊന്നും കഴിഞ്ഞില്ല ഇയാൾ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോയില്ല എന്തോ അപ്പോ പറയാണ് നീ ഇത്ര വലിയ ഭക്തനാണല്ലോ ഒന്ന് ഗംഗാസ്നാനത്തിന് ഈ ദിവസം പോയി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരേണ്ടതല്ലേ അപ്പൊ ദുർഗ അപ്പൊ നാഗമഹാശി പറഞ്ഞു നമ്മ അച്ഛന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഗംഗാ മാതാവിനെ നമ്മളെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗംഗ വരും ആ ദിവസം ആ പറഞ്ഞ പോലെ ആ ദിവസം ആ വീട്ടില് ഒരു സ്ഥലം പൊട്ടിയിട്ട് ഗംഗാജലം ഉള്ളിലേക്ക് ഊറ്റെടുത്ത് പ്രവഹിക്കാൻ തുടങ്ങി അങ്ങനെയുള്ളവരാണ് ജംഗമതീർത്ഥങ്ങളാണ് അവരും അപ്പോ സാശി വിധിതായേനത്തേനപ്രാപ്ത ഹി കാശിയ ആ കാശി ആരാൽ അറിയപ്പെട്ടിരിക്കുന്നു അവര് നിരന്തരം കാശിയിലാണ് അവരാൾ കാശി പ്രാപിക്കപ്പെട്ടിരിക്കുന്നു അവരിരിക്കുന്ന സ്ഥലം കാശിയാണ് അതാണ് സത്സംഗത്തിൽ കാശിയുണ്ട് ഹരിദ്വാരമുണ്ട് ഋഷികേശമുണ്ട് എല്ലാ തീർത്ഥ നദികളും ഉണ്ട് പറയാൻ കാരണം എന്താ ഇതിന്റെയൊക്കെ പ്രയോജനമായ പവിത്രീകരിക്കൽ പവിത്രമാക്കൽ സത്സംഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ് സാധുസംഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ് കാശ്യാം ഹി കാശതേ കാശി കാശി സർവ പ്രകാശികാം സാ കാശീവിധിതായേന തേനപ്രാപ്ത ഹി കാശികാം അപ്പൊ അങ്ങട് കാശിക്ഷേത്രത്തിലേക്ക് അവർ പോയിട്ടില്ലെങ്കിൽ കാശീക്ഷേത്രം അവരിടത്തേക്ക് വരും ചില മഹാത്മാക്കൾ ഒരിടത്തേക്കും പോയിട്ടില്ല ത്യാഗരാജസ്വാമികൾ പോലും അവസാന ഉപനിഷത് ബ്രഹ്മേന്ദ്ര സരസ്വതി യാഗരാജനെ കാണണമെന്ന് ആശിച്ചതുകൊണ്ടാണ് തിരുവയ്യാറൂട്ട് പുറത്തുപോയത് അല്ലെങ്കിൽ ഒരിടത്തും തീർത്ഥയാത്രയൊന്നും പോയിട്ടേല രാമകൃഷ്ണദേവനും തീർത്ഥയാത്രയൊന്നും പോയില്ല നിർബന്ധമായിട്ട് മധുരനാഥ് വിശ്വാസ് കാശിയിലേക്കും ബൃന്ദാവനത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോയതാണ് അല്ലെങ്കിൽ രാമകൃഷ്ണദേവന് ദക്ഷിണേശ്വരം വിട്ട് എവിടെയും പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ആ യാത്ര പോയിട്ട് വന്ന ശേഷം പിന്നെ ഇങ്ങോട്ടും പോയില്ല ചന്ദ്രശേഖരഭാരതി സ്വാമികൾ മഠാധിപതി ആയ ശേഷം ആറു വർഷത്തേക്ക് ശിങ്കേരി വിട്ടു പോയില്ല പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് അങ്ങ് മഠാധിപതിയാണ് യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയി കാലടി വരെ വന്നു യാത്ര ചെയ്ത് വടക്കോട്ടൊന്നും പോയില്ല കാലടിയിൽ വന്നപ്പോ ഒന്നര വർഷം കാലടിയിൽ താമസിച്ചു പിന്നെ അത് പിന്നെ ശൃംഗേരി പോയ ശേഷം പിന്നെ പുറത്തു പോയതേ ഇല്ല അവരിയ്ക്കുന്ന സ്ഥലം എവിടെയോ അത് തീർത്ഥ ക്ഷേത്രമാണ് എനിക്കറിയുന്ന ഒരു വലിയ ഘനപാടികൾ ഒരു ദീക്ഷിതർ കുറെ ബ്രഹ്മചാരികളെയൊക്കെ കൂട്ടിക്കൊണ്ട് ശൃംഗേരിയിലേക്ക് പോയി അപ്പൊ അതിലൊരു ബ്രഹ്മചാരി ആയിട്ട് ഇരുന്നാൾ ഇന്ന് അദ്ദേഹത്തിന് എൺപത് വയസ്സായി കഴിഞ്ഞു ദ്ദേഹനോട് പറഞ്ഞു സ്വാമികള് അന്തർമുഖമാണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശൃംഗേരിയിൽ എത്ര ദിവസം എപ്പോഴാ പുറത്തു വരിക എന്ന് അറിയില്ല അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഒരു സ്റ്റേജിൽ ചിലപ്പോ കുറെ കാലം ആർക്കും ഭക്തന്മാർക്കൊന്നും ഡിവോട്ടീസിനൊന്നും പോയാൽ കാണാനൊന്നും പറ്റില്ല കാണുക അപ്പോ അടുത്ത ദിവസം ഇവര് തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് സ്വാമികൾ പുറത്തു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നൊരു ചെറിയൊരു പാലം പോലെ ഉണ്ടായിരുന്നു അതിലൂടെ കുറെ ദിവസങ്ങളായതുകൊണ്ട് ദീക്ഷയൊക്കെ വളർന്ന് അദ്ദേഹം പറഞ്ഞു ആ ദർശനം അദ്ദേഹത്തിന് ഇപ്പോഴും ഈ വയസ്സിൽ ഓർമ്മ മഹാത്മാക്കളെ കണ്ടത് മറക്കുകയില്ല ബാക്കിയൊക്കെ മറന്നുപോകും അവർ ആത്മസ്വരൂപികളാണ് അതുകൊണ്ട് കണ്ടാതെ മറക്കല അപ്പൊ ആ വൃദ്ധൻ ഇപ്പൊ എന്നോട് പറഞ്ഞു ഏതോ വേദകാലത്തിൽ ഋഷികളെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഒക്കെ തടിയും തലയും ഒക്കെ ആയിട്ട് കുറെ കാലമായി പോയി നേരെ ശാരദാമ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതു നേരെ ധരിച്ച് പോണ വഴിയിൽ ദീക്ഷിതരെ കണ്ടപ്പോ ദീക്ഷിതരടുത്ത് എന്തോ രണ്ട് വാക്ക് പറഞ്ഞു യാഗം ചെയ്യാൻ പോകണു എന്ന് എന്തോ പറഞ്ഞു അപ്പോ യാഗം കുറിച്ച് എന്തോ രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോയി കുറച്ച് ദീക്ഷയൊക്കെ എടുത്തിട്ട് തുങ്കാഭദ്ര നദിയിൽ കുളിക്കാൻ വന്നപ്പോ ദീക്ഷിതർ പറഞ്ഞു ഇവരൊക്കെ മാധ്യാമിക ജപത്തിനിരിക്കും അപ്പൊ അവരോടൊക്കെ പറഞ്ഞു ഇപ്പൊ ജപമൊന്നും വേണ്ട അദ്ദേഹം കുളിക്കുമ്പോ കുളിക്കുക അത് തന്നെ ഗംഗാസ്നാനം ഇത് തന്നെ അദ്ദേഹം മുങ്ങുമ്പോ കൂടെ മുങ്ങാം ആ ജലം അവിടെ സ്പർശിച്ചിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ് സ്വാമികൾ അവിടെ കുളിക്കുന്നുണ്ട് ഇവിടെ കുളിക്കാം നമുക്ക് ഇത് തന്നെ സ്നാനം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ജപമോ എന്ത് ചെയ്തോളൂ ഇപ്പൊ ജപമൊന്നും വേണ്ട എന്നുള്ള വലിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ടുപോയിട്ട് തുംഗഭദ്രയിൽ സ്നാനം ചെയപ്പിച്ചു എന്നാണ് അപ്പോ സാതീർത്ഥവര്യാമണികർണിക്കാ ഏറ്റവും വലിയ തീർത്ഥം സത്സംഗമാണ് സാധുസംഗമാണ് കാശ്യാം ഹി കാശത്തെ കാശി കാശി സർവപ്രകാശിക്കാ सा काशी ധിതായ പ്രാപ്ത ഹി കാശ അകമേയുള്ള ആത്മതത്വമാരാൽ അറിയപ്പെട്ടുവോ അവരാലാണ് കാശി കാണപ്പെട്ടത് കാശിയിലേക്ക് പോകപ്പെട്ടത് കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനി വ്യാപിന ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധാഗയേയം നിജഗുരുചരണധ്യാനോ പ്രയാഗ വിശ്വോയുരീയ സകലജനമനഃസാക്ഷിഭൂതരാത്മാേ മദീയ വസതി പുനഃ തീർത്ഥമത് കിമസ്തി അരുണിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല യോ മതി ത്വമ തോന്നം മമചി യഥേഷ്ടം കൂരുമാദൈ ത്മനം രമണ ഭജനമ പാർവതീ പതേ ഹര ഹര മഹാദേവ